യൂണിറ്റ് തേർട്ടീൻ ലെസൺ ഫിഫ്റ്റി ടു ലിസൺ ഉള്ളി പോകണമെങ്കിൽ പയ്ക്കോ മണി മൂന്നരയായി വാസു ഇനിയും വന്നില്ലല്ലോ നിനക്ക് സമയമായെങ്കിൽ നീ പോയ്ക്കോ ഞാൻ ഒറ്റക്ക് നിന്നോളാം നോക്കൂ ചേട്ടാ കളി തുടങ്ങിക്കഴിഞ്ഞു എന്തൊരാർപ്പുവിളിയാണ് ചേട്ടൻ കേൾക്കുന്നില്ലേ കളിക്കാരൊക്കെ മൈതാനത്തിൽ എത്തിക്കഴിഞ്ഞു വരൂ നമുക്ക് പോകാം വാസ് വന്നില്ലെങ്കിൽ വേണ്ട അയാൾ വന്നില്ലെങ്കിലും നമുക്ക് പോയി നിനക്ക് പോകണമെങ്കിൽ പോയിക്കോ ഞാനത് മുൻപേ പറഞ്ഞില്ലേ വാസുവില്ലെങ്കിൽ ഞാനില്ല ചേട്ടൻ വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പോകും അമ്മ വഴക്കുപറയില്ലേ ഇത് കൊള്ളാം വാസ് വരില്ലെങ്കിൽ നമുക്ക് പന്ത് കാണണ്ടേ നിനക്ക് കാണാം പക്ഷെ എന്റെ കൂടെ വന്ന് കാണണമെങ്കിൽ കുറച്ച് കാത്തു നിൽക്കണം ഇപ്പോൾ സമയം മൂന്നര കഴിഞ്ഞ് അഞ്ചു മിനിട്ടല്ലേ ആയുള്ളൂ നമുക്കൊരു പത്ത് നിമിഷം കൂടെ കാത്തു അപ്പോഴും അവൻ വന്നില്ലെങ്കിലോ വരും വരാതിരിക്കില്ല എനിക്കൊരു നല്ല ഉറപ്പാണ് അവനൊരു കാര്യം പറയുന്നെങ്കിൽ അതുപോലെ ചെയ്യും അവന്റെ കാര്യത്തിൽ എനിക്ക് ലെവലേശം സംശയമില്ല ഏതെങ്കിലും അത്യാവശ്യം പ്രമാണിച്ച് അവൻ ഇന്ന് വരാൻ പറ്റിയില്ലെങ്കിലോ എന്നാൽ ഞാനും കളി കാണാൻ വരില്ല അവനുണ്ടെങ്കിലേ എനിക്ക് എവിടെയും പോകാൻ രസമുള്ളൂ അവൻ വന്നില്ലെങ്കിൽ ഞാൻ അവൻ അന്വേഷിച്ചു പോകും പക്ഷെ എനിക്ക് കളി കണ്ടേ തീരൂ നിനക്ക് പോകാമല്ലോ പക്ഷെ ചേട്ടനില്ലാതെ ഞാൻ തനിച്ച് പോയെങ്കിൽ അമ്മ വഴക്കുപറയില്ലേ ചേട്ടനാണെങ്കിൽ വാസുവേ വേണ്ടു ഞാൻ വേണ്ടല്ലോ വെറുതെ പരിഭവം പറയണ്ട ോട് പറയാൻ പോകുന്നു ഞാൻ പറയില്ല നീയും നമ്മൾ പറയുമെങ്കിലേ അമ്മ അറിയുള്ളോ അതൊന്നുമല്ല അമ്മ എങ്ങനെയെങ്കിലും അറിയും നമ്മൾ പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്ക് വിവരമൊക്കെ കിട്ടും ശരി എന്നാൽ വാസ് വരട്ടെ നമുക്ക് ഒരുമിച്ച് ലിസൺ ആൻഡ് റിപ്പീറ്റ് വാസു മൂന്നരയായി വന്നില്ലല്ലോ മണി മൂന്നരയായി വാസു ഇനിയും വന്നില്ലല്ലോ നിനക്ക് സമയമായെങ്കിൽ നീ പോയ്ക്കോ നിനക്ക് സമയമായെങ്കിൽ നീ പോയിക്കോ ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം നോക്കൂ ചേട്ടാ കളി തുടങ്ങിക്കഴിഞ്ഞു ോക്കൂ ചേട്ടാ കളി തുടങ്ങിക്കഴിഞ്ഞു എന്തൊരു ആർപ്പുവിളിയാണ് എന്തൊരു ആർപ്പുവിളിയാണ് ചേട്ടൻ കേൾക്കുന്നില്ലേ ചേട്ടൻ കേൾക്കുന്നില്ലേ കളിക്കാരൊക്കെ മൈതാനത്തിലെത്തിക്കഴിഞ്ഞു കളിക്കാരൊക്കെ മൈതാനത്തിലെത്തിക്കഴിഞ്ഞു വരൂ നമുക്ക് പോകാം വാസ് വന്നില്ലെങ്കിൽ വേണ്ട വരൂ നമുക്ക് പോകാം വാസ് വന്നില്ലെങ്കിൽ വേണ്ട അയാൾ വന്നില്ലെങ്കിലും നമുക്ക് പോയി കൂടെ അയാൾ വന്നില്ലെങ്കിലും നമുക്ക് പോയി നിനക്ക് പോകണമെങ്കിൽ നിനക്ക് പോകണമെങ്കിൽ പോയിക്കോ ഞാനത് മുൻപേ പറഞ്ഞില്ലേ ഞാനത് മുൻപേ പറഞ്ഞില്ലേ വാസു ഇല്ലെങ്കിൽ ഞാനില്ല ിൽ ഞാനില്ല ചേട്ടൻ വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പോകും ചേട്ടൻ വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പോകും അമ്മ വഴക്കു പറയില്ലേ അമ്മ വഴക്ക് പറയില്ലേ ഇതു കൊള്ളാം ഇത് കൊള്ളാം വാസ് വരില്ലെങ്കിൽ നമുക്ക് പന്ത് കളി കാണണ്ടേ വാസു വരില്ലെങ്കിൽ നമുക്ക് പന്ത് കളിക്കാൻ നിനക്ക് കാണാം നിനക്ക് കാണാം പക്ഷെ എന്റെ കൂടെ വന്ന് കാണണമെങ്കിൽ പക്ഷേ എന്റെ കൂടെ വന്ന് കാണണമെങ്കിൽ കുറച്ച് കാത്തു നിൽക്കണം കുറച്ച് കാത്തു നിൽക്കണം ഇപ്പോൾ സമയം മൂന്നര കഴിഞ്ഞ് അഞ്ചു മിനിറ്റല്ലേ ആയുള്ളൂ ഇപ്പോൾ സമയം മൂന്നര കഴിഞ്ഞ് അഞ്ചു മിനിറ്റല്ലേ ആയുള്ളൂ നമുക്കൊരു പത്ത് നിമിഷം കൂടെ കാത്തു നിൽക്കാം നമുക്കൊരു പത്ത് നിമിഷം കൂടെ കാത്തു നിൽക്കാം അപ്പോഴും അവൻ വന്നില്ലെങ്കിലോ അപ്പോഴും അവൻ വന്നില്ലെങ്കിലോ വരും വരാതിരിക്കില്ല വരും വരാതിരിക്കില്ല എനിക്കത് നല്ല ഉറപ്പാണ് എനിക്കത് നല്ല ഉറപ്പാണ് അവൻ ഒരു കാര്യം പറയുന്നെങ്കിൽ അതുപോലെ ചെയ്യും അവൻ ഒരു കാര്യം പറയുന്നെങ്കിൽ അതുപോലെ ചെയ്യും അവന്റെ കാര്യത്തിൽ എനിക്ക് ലെവലേശം സംശയമില്ല അവന്റെ കാര്യത്തിൽ എനിക്ക് ലെവലേശം സംശയമില്ല ിലും അത്യാവശ്യം പ്രമാണിച്ച് ഏതെങ്കിലും അത്യാവശ്യം പ്രമാണിച്ച് അവന് ഇന്ന് വരാൻ പറ്റിയില്ലെങ്കിലോ അവന് ഇന്ന് വരാൻ പറ്റിയില്ലെങ്കിലോ എന്നാൽ ഞാനും കളി കാണാൻ വരില്ല എന്നാൽ ഞാനും കളി കാണാൻ വരില്ല അവനുണ്ടെങ്കിലേ എനിക്ക് അവനുണ്ടെങ്കിലേ എനിക്ക് എവിടെയും പോകാൻ രസമുള്ളൂ എവിടെയും പോകാൻ രസമുള്ളൂ അവൻ വന്നില്ലെങ്കിൽ അവൻ വന്നില്ലെങ്കിൽ ഞാൻ അവനെ അന്വേഷിച്ചു പോകും ഞാൻ അവനെ അന്വേഷിച്ചു പോകും പക്ഷേ എനിക്ക് കളി കണ്ടേ തീരൂ പക്ഷേ എനിക്ക് കളി കണ്ടേ തീരൂ നിനക്ക് പോകാമല്ലോ നിനക്ക് പോകാമല്ലോ പക്ഷേ ചേട്ടനില്ലാതെ ഞാൻ തനിച്ചു പോയെങ്കിൽ പക്ഷേ ചേട്ടനില്ലാതെ ഞാൻ തനിച്ചു പോയെങ്കിൽ അമ്മ വഴക്ക് പറയില്ലേ അമ്മ വഴക്കു പറയില്ലേ ചേട്ടനാണെങ്കിൽ വാസുവേ വേണ്ടു ചേട്ടനാണെങ്കിൽ വാസുവേ വേണ്ടു ഞാൻ വേണ്ടല്ലോ ഞാൻ വേണ്ടല്ലോ വെറുതെ പരിഭവം പറയണ്ട വെറുതെ പരിഭവും പറയണ്ട നീ പൊയ്ക്കോ നീ പോയിക്കോ ആരമ്മയോട് പറയാൻ പോകുന്നു ആര് അമ്മയോട് പറയാൻ പോകുന്നു ഞാൻ പറയില്ല ഞാൻ പറയില്ല നീയും പറയില്ല നീയും പറയില്ല നമ്മൾ പറയുമെങ്കിലേ അമ്മ അറിയുള്ളോ നമ്മൾ പറയുമെങ്കിലേ അമ്മ അറിയുള്ളൂ അതൊന്നുമല്ല അമ്മ എങ്ങനെയെങ്കിലും അറിയും അതൊന്നുമല്ല അമ്മ എങ്ങനെയെങ്കിലും അറിയും ൾ പറഞ്ഞില്ലെങ്കിലും നമ്മൾ പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്ക് വിവരമൊക്കെ കിട്ടും അമ്മയ്ക്ക് വിവരമൊക്കെ കിട്ടും ശരി എന്നാൽ വാസു വരട്ടെ ശരി എന്നാൽ വാസു വരട്ടെ നമുക്ക് ഒരുമിച്ച് പോകാം നമുക്ക് ഒരുമിച്ച് പോകാം ിൽപറ്റീഷൻ ഡ്രിൽ നല്ല കുട്ടിയാണെങ്കിൽ മോൻ അതവിടെ വയ്ക്കൂ നല്ല കുട്ടിയാണെങ്കിൽ മോൻ അതവിടെ വയ്ക്കൂ അവൻ മിടുക്കനാണെങ്കിൽ അവരുടെ മക്കൾക്ക് കൊള്ളാം അവൻ മിടുക്കനാണെങ്കിൽ അവരുടെ മക്കൾക്ക് കൊള്ളാം നീ അല്ലെങ്കിൽ പിന്നെ ആരി നീ അല്ലെങ്കിൽ പിന്നെ ആരിത് ചെയ്തു പണം ഉണ്ടെങ്കിൽ പാവങ്ങളെ സഹായിക്കൂ പണമുണ്ടെങ്കിൽ പാവങ്ങളെ സഹായിക്കൂ സ്വന്തം വീടുണ്ടെങ്കിൽ വാടക വീട്ടിൽ താമസിക്കണോ സ്വന്തം വീടുണ്ടെങ്കിൽ വാടക വീട്ടിൽ താമസിക്കണോ സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ പിന്നെ ഈ ജീവിതം എന്തിന് സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ പിന്നെ ഈ ജീവിതം എന്തിന് അദ്ദേഹം വരുന്നെങ്കിൽ എന്നെയും വിളിക്കൂ അദ്ദേഹം വരുന്നെങ്കിൽ എന്നെയും വിളിക്കൂ നീ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഞാനും പോകും നീ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഞാനും പോകും അവൾ കുറ്റം സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും അവൾ കുറ്റം സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയും എല്ലാവരും തരുമെങ്കിൽ ഞാനും തരാം എല്ലാവരും തരുമെങ്കിൽ ഞാനും തരാം മഴ പെയ്യുമെങ്കിൽ നമ്മൾ നനയും മഴ പെയ്യുമെങ്കിൽ നമ്മൾ നനയും ബസ് കിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ പോകും ബസ് കിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെ പോകും ആ കഥ അവർ കേട്ടെങ്കിൽ നമുക്കെന്ത് ആ കഥ അവർ കേട്ടെങ്കിൽ നമുക്കെന്ത് എല്ലാവരും കണ്ടെങ്കിൽ കാണട്ടെ എല്ലാവരും കണ്ടെങ്കിൽ കാണട്ടെ അച്ഛൻ അനുവദിച്ചെങ്കിൽ നീ പൊയ്ക്കോ അച്ഛൻ അനുവദിച്ചെങ്കിൽ നീ പയ്ക്കോ നീ എന്റെ അനിയത്തിയാണെങ്കിലും തെറ്റു തെറ്റു തന്നെയല്ലേ നീ എന്റെ അനിയത്തിയാണെങ്കിലും തെറ്റു തെറ്റു തന്നെയല്ലേ അയാൾ ഡോക്ടർ അല്ലെങ്കിലും മരുന്നുകളെ പറ്റി അറിയാം അയാൾ ഡോക്ടർ അല്ലെങ്കിലും മരുന്നുകളെ അറിയാം ും പണം വേണമല്ലോ വിദ്യ ഉണ്ടെങ്കിലും പണം വേണമല്ലോ അവധിയില്ലെങ്കിലും സരള നാട്ടിൽ പോയി അവധിയില്ലെങ്കിലും സരള നാട്ടിൽ പോയി കുഞ്ഞു കരയുന്നെങ്കിലും അമ്മ അത് കേൾക്കുന്നില്ല കുഞ്ഞു കരയുന്നെങ്കിലും അമ്മ അത് കേൾക്കുന്നില്ല ിൽഡപ് ഡ്രിൽ മോഡൽ അദ്ദേഹം പണക്കാരനാണെങ്കിലും ഒട്ടും അഹങ്കാരമില്ലാതെ പെരുമാറുന്നു നൗ ഫോളോ ദ മോഡൽ കിട്ടി ചീത്ത ചീത്തപ്പേര് മാത്രം കിട്ടി ജോലി ചെയ്തെങ്കിലും ജോലി ചെയ്തെങ്കിലും ചീത്തപ്പേര് മാത്രം കിട്ടി വളരെ നന്നായി വളരെ നന്നായി ജോലി ചെയ്തെങ്കിലും ചീത്തപ്പേര് മാത്രം കിട്ടി സമ്മതിക്കില്ല അവൾ അവൾ സമ്മതിക്കില്ല ഈ കല്യാണത്തിന് ഈ കല്യാണത്തിന് അവൾ സമ്മതിക്കില്ല നിർബന്ധിക്കുന്നുണ്ടെങ്കിലും നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഈ കല്യാണത്തിന് അവൾ സമ്മതിക്കില്ല എത്രയൊക്കെ എത്രയൊക്കെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഈ കല്യാണത്തിന് അവൾ സമ്മതിക്കില്ല അച്ഛൻ അച്ഛൻ എത്രയൊക്കെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും ഈ കല്യാണത്തിന് അവൾ സമ്മതിക്കില്ല വരുന്നില്ല സദ്യ സദ്യക്ക് വരുന്നില്ല ആ സദ്യക്ക് വരുന്നില്ല ഞാൻ ഞാൻ ആ സദ്യക്ക് വരുന്നില്ല ആളുകൾ ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ആ സദ്യക്ക് വരുന്നില്ല ഒരുപാട് ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ ആ സദ്യക്ക് വരുന്നില്ല അറിയട്ടെ ിൽ അറിഞ്ഞെങ്കിൽ അറിയട്ടെ അവർ അവർ അറിഞ്ഞെങ്കിൽ അറിയട്ടെ ഈ കാര്യം അവർ അറിഞ്ഞെങ്കിൽ അറിയട്ടെ വന്നു എന്തിന് എന്തിനു വന്നു പിന്നെ പിന്നെ എന്തിനു വന്നു നീ നീ പിന്നെ എന്തിനു വന്നു സുഖമില്ലായിരുന്നെങ്കിൽ ുഖമില്ലായിരുന്നെങ്കിൽ നീ പിന്നെ എന്തിനു വന്നു കോമ്പിനേഷൻ ഡ്രിൽ മോഡൽ വൺ അച്ഛൻ വരും കുട്ടികൾ ചോദിക്കും അച്ഛൻ വരുമെങ്കിൽ കുട്ടികൾ ചോദിക്കും നൗ ഫോളോ ദോഡൽ സീത പാടുന്നു ഞാനും പാടുന്നു സീത പാടുന്നെങ്കിൽ ഞാനും പാടുന്നു അമ്മ ചിരിക്കും കുട്ടിയും ചിരിക്കും അമ്മ ചിരിക്കുമെങ്കിൽ കുട്ടിയും ചിരിക്കും നീ മിടുക്കനാണ് നീ അത്രയും ദൂരം നടക്കും നീ മിടുക്കനാണെങ്കിൽ അത്രയും ദൂരം നടക്കും നിങ്ങൾക്ക് സഹോദരിമാർ ഉണ്ട് നിങ്ങൾ ഇങ്ങനെ പെരുമാറുമോ നിങ്ങൾക്ക് സഹോദരിമാരുണ്ടെങ്കിൽ ഇങ്ങനെ പെരുമാറുമോ നന്നായി പഠിക്കുന്നു പരീക്ഷ ജയിക്കില്ലേ നന്നായി പഠിക്കുമെങ്കിൽ പരീക്ഷ ജയിക്കില്ലേ മീനും ഇറച്ചിയും വേണം ധാരാളം പൈസ കൊടുക്കണം മീനും ഇറച്ചിയും വേണമെങ്കിൽ ധാരാളം പൈസ കൊടുക്കണം മോഡൽ ടു അവർ പാട്ടുപാടി നിനക്കെന്ത് നഷ്ടം അവർ പാട്ടുപാടിയെങ്കിൽ നിനക്കെന്ത് നഷ്ടം മോഡൽ അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞു അദ്ദേഹം പറയട്ടെ അദ്ദേഹം എന്നെ പറ്റി പറഞ്ഞെങ്കിൽ പറയട്ടെ എല്ലാവരും എത്തി पाठम तुंग എല്ലാവരും എത്തിയെങ്കിൽ പാഠം തുടങ്ങാം പശുവിന്റെ കറവ വറ്റി അതിനെ അങ്ങ് വിൽക്കണം പശുവിന്റെ കറവ വറ്റിയെങ്കിൽ അതിനെ അങ്ങ് വിൽക്കണം അവൻ വന്നു അവൾക്ക് അതിൽ കൂടുതൽ സന്തോഷം വേറെയില്ല അവൻ വന്നെങ്കിൽ അവൾക്ക് അതിൽ കൂടുതൽ സന്തോഷം വേറെയില്ല കല്യാണം നിശ്ചയിച്ചു പിന്നെ അത് വേഗം നടത്തി കല്യാണം നിശ്ചയിച്ചെങ്കിൽ പിന്നെ അത് വേഗം നടത്തിക്കൂടെ അയാൾ കള്ളം കാണിച്ചു ദൈവം അയാളെ ശിക്ഷിക്കും അയാൾ കള്ളം കാണിച്ചെങ്കിൽ ദൈവം അയാളെ ശിക്ഷിക്കും ും പണം പിരിക്കില്ലെങ്കിൽ പിന്നെ സ്കൂൾ എങ്ങനെ നടത്തും നൗ ഫോളോ ദോഡൽ ആ സംഭവത്തിന് സാക്ഷിയില്ല പിന്നെ എന്തിന് നിങ്ങൾ പേടിക്കുന്നു സംഭവത്തിന് സാക്ഷിയില്ലെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ പേടിക്കുന്നു ഒട്ടും പ്രയത്നിച്ചില്ല പിന്നെ ഫലം എങ്ങനെ കിട്ടും ും പ്രയത്നിച്ചില്ലെങ്കിൽ പിന്നെ ഫലം എങ്ങനെ കിട്ടും വീട്ടുകാർ സമ്മതിക്കില്ല പിന്നെ എങ്ങനെ നിങ്ങൾ അവളെ കല്യാണം കഴിക്കും വീട്ടുകാർ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ അവളെ കല്യാണം കഴിക്കും പിന്നെ മോൻ എങ്ങനെ ചോറുണ്ണും തൈര് കിട്ടില്ലെങ്കിൽ പിന്നെ മോൻ എങ്ങനെ ചോറണും നിങ്ങൾ നുണ പറഞ്ഞില്ല പിന്നെ എങ്ങനെ ഈ വഴക്കുണ്ടായി നിങ്ങൾ നുണ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ വഴക്കുണ്ടായി മോഡൽ വൺ അമ്മ വിളിക്കുമെങ്കിൽ കുഞ്ഞു പോവും അമ്മ വിളിക്കുമെങ്കിലും കുഞ്ഞു പോവില്ല നൗ ഫോളോ ദ മോഡൽ രണ്ടു മണിക്കൂർ കാത്ത് നിൽക്കുമെങ്കിൽ ബസ് കിട്ടും രണ്ടു മണിക്കൂർ കാത്തുനിൽക്കുമെങ്കിലും ബസ് കിട്ടില്ല ചേട്ടൻ അടിച്ചെങ്കിൽ കുഞ്ഞു കരഞ്ഞു ചേട്ടൻ അടിച്ചെങ്കിലും കുഞ്ഞു കരഞ്ഞില്ല നീ വരുമെങ്കിൽ ഞാൻ വരും െങ്കിലും ഞാൻ വരില്ല നന്നായി ശ്രമിക്കുന്നെങ്കിൽ ജയിക്കും നന്നായി ശ്രമിക്കുന്നെങ്കിലും ജയിക്കില്ല മോഡൽ ടു കോഫി ഹൗസിൽ പോകുമെങ്കിൽ നല്ല കാപ്പി കുടിക്കാനൊക്കും കോഫി ഹൌസിൽ പോകുമെങ്കിലേ നല്ല കാപ്പി കുടിക്കാൻ നോക്കൂ നൗ ഫോളോ ദോഡൽ പണമുണ്ടെങ്കിൽ മന്ത്രിയും വരും പണമുണ്ടെങ്കിലേ മന്ത്രിയും വരൂ അക്ഷരമറിയാമെങ്കിൽ വായിക്കാൻ പറ്റും അക്ഷരമറിയാമെങ്കിലേ വായിക്കാൻ പറ്റൂ അന്വേഷിച്ചെങ്കിൽ കിട്ടും നീ വഴക്കുകൂടുമെങ്കിൽ ഞാനും വഴക്കുകൂടും ൂടുമെങ്കിലേ ഞാനും അനുഭവിച്ചെങ്കിൽ അന്യരുടെ വേദനയും മനസ്സിലാകും വേദന അനുഭവിച്ചെങ്കിലേ അന്യരുടെ വേദനയും മനസ്സിലാകൂ വെളിയിൽ നോക്കിയിരുന്നെങ്കിൽ വഴക്ക് കിട്ടും വെളിയിൽ നോക്കിയിരുന്നെങ്കിലേ വഴക്ക് കിട്ടൂ മോഡൽ ത്രീ നീ പറഞ്ഞാൽ ഞാൻ കേൾക്കും നീ പറഞ്ഞാൽ ഞാനേ കേൾക്കൂ നൗ ഫോളോ ദ മോഡൽ ഫോൺ വിളിച്ചെങ്കിൽ ഞാൻ പോകും ഫോൺ വിളിച്ചെങ്കിൽ ഞാനേ പോകൂ പണമുണ്ടെങ്കിലും മന്ത്രിക്ക് കൊടുക്കും പണമുണ്ടെങ്കിലും മന്ത്രിക്കേ കൊടുക്കൂ നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ ഞാനേ പറയൂ അവർ പാടുപെട്ടെങ്കിൽ നിനക്ക് സുഖിക്കാൻ പറ്റും അവർ പാടുപെട്ടെങ്കിൽ നിനക്കേ സുഖിക്കാൻ പറ്റൂ ീ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ നിന്നെ ഇഷ്ടപ്പെടും നീ എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനേ നിന്നെ ഇഷ്ടപ്പെടൂ നല്ല തറവാട്ടുകാരനാണെങ്കിലും അയാൾ ഇങ്ങനെ ചെയ്യും നല്ല തറവാട്ടുകാരനാണെങ്കിലും അയാളെ ഇങ്ങനെ ചെയ്യൂ റെസ്പോൺസ് ഡ്രിൽ മോഡൽ വൺ വേഗം വരൂ നമുക്ക് അവിടെ പോകാം നീ പോകുന്നെങ്കിൽ പെക്കോ എനിക്ക് പോകണ്ട നൗ ഫോളോ ദോഡൽ വേഗം തിന്ന നമുക്ക് കളിക്കാം വേഗം പറ നമുക്ക് നടക്കാം വേഗം തിരിക്ക് നമുക്ക് മന്ത്രിയെ കാണാം വേഗം ഓട് നമുക്ക് അവനെ ഓടിക്കാം മോഡൽ ടു അയാൾ പണക്കാരനാണ് അയാൾ പണക്കാരനാണെങ്കിൽ അയാൾക്ക് കൊള്ളാം നമുക്ക് എന്ത് വേണം നൗ ഫോളോ ദ മോഡൽ അവർക്ക് വീടും പുരയിടവും അവൾ ഒരു വലിയ സുന്ദരിയാണ് ആ വീട്ടിൽ എല്ലാവരും സർക്കാർ ജോലിക്കാരാണ് നമ്മുടെ കൂട്ടുകാരെല്ലാം ആ സിനിമ കാണുന്നു അവർ ഒരു വലിയ വീട് വാങ്ങുന്നു മോഡൽ ത്രീ അയാൾ നിങ്ങളെ പറ്റി ഒരുപാട് ചോദിച്ചു ചോദിച്ചെങ്കിൽ ചോദിക്കട്ടെ പക്ഷെ ഞാൻ ചോദിക്കാൻ പോകുന്നില്ല നൗ ഫോളോ ദ മോഡൽ അദ്ദേഹം നിങ്ങളെ വിളിച്ചു അവൾ ഡൽഹിയിൽ തങ്ങി സരസ അവളുടെ പശുവിനു വിറ്റു അദ്ദേഹം ഇന്ന് നേരത്തെ വിദ്യാർത്ഥികളെ വിട്ടു മോഡൽ ഫോർ നിങ്ങളുടെ കുട്ടികൾ നന്നായി പഠിക്കുമോ പഠിക്കും പഠിക്കുമെങ്കിലും ഒന്നാം സ്ഥാനമൊന്നും കിട്ടില്ല നൗ ഫോളോ ദ മോഡൽ നിങ്ങൾ ആ കാര്യം ഓർമ്മിച്ചോ നിങ്ങൾ അവനെയും വിളിക്കുന്നുണ്ടോ നിങ്ങൾ ജോലി തീർത്തോ ശമ്പളം കിട്ടിയോ